ധ്യായം പതിനാല് വരൾച്ചയെക്കുറിച്ച് ഇരമ്യാമനുണ്ടായ യഹോവിയുടെ വചനം യഹൂദ ദുഃഖിക്കുന്നു അതിന്റെ പടിവാതുക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു അവർ കറുപ്പുടുത്ത് നിലത്തിരിക്കുന്നു എരുശിലമിന്റെ നിലവിളി പൊങ്ങുന്നു അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിന് അയയ്ക്കുന്നു അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വരം പാത്രങ്ങളോടെ മടങ്ങിവരുന്നു അവർ ലജ്ജിച്ച് വിഷണ്ണരായി തലമൂടുന്നു ദേശത്ത് മഴയില്ലായികയാൽ നിലമുണങ്ങി വിണ്ടിരിക്കുന്നു ഉഴവുകാർ ലജ്ജിച്ച് തലമൂടുന്നു മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായികയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു കാട്ടുകഴുത മുട്ടക്കുന്നമേൽ നിന്നുകൊണ്ട് കുറുനരികളെപ്പോലെ കിഴയ്ക്കുന്നു സസ്യങ്ങളില്ലായികൊണ്ട് അതിന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു യഹോവാ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമം നിമിത്തം പ്രവർത്തിക്കാനമേ ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാ പാർപ്പാൻ മാത്രം കൂടാരമഴിക്കുന്ന വഴിപ്പോക്കനെപ്പോലെയും ായിരിക്കുന്നതെന്ത് ഭ്രമിച്ചുപോയ പുരുഷനെപ്പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെപ്പോലെയും ആയിരിക്കുന്നതെന്ത് എന്നാലും യഹോവി നീ ഞങ്ങളുടെ മധ്യ ഉണ്ട് നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അവർ ഇങ്ങനെ ഉഴന്നു നടപ്പാൻ ഇഷ്ടപ്പെട്ടു കാലടക്കി വെച്ചതുമില്ല എന്ന് യഹോവ ഈ ജനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു അതുകൊണ്ട് യഹോവയ്ക്കവരിൽ പ്രസാദമില്ല അവനിപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും യഹോവയെന്നോട് നീ ഈ ജനത്തിനുവേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കയില്ല അവർ ഹോമയാകവും ഭോജനയാകും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കയില്ല ഞാൻ അവരെ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മുടിച്ചുകളയുമെന്ന് അരുളി ചെയ്തു അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ നിങ്ങൾ വാൾ കാണുകയില്ല നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുകയില്ല ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകുമെന്ന് പ്രവാചകന്മാരവരോട് പറയുന്നു എന്നു പറഞ്ഞു യഹോവയനോട് അരുളി ചെയ്തത് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഫോഷ്ക് പ്രവചിക്കുന്നു ഞാനവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്ത ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു അതുകൊണ്ട് യഹോവ ഞാൻ അയക്കാതെ എന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു വാൾ ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ യെരുശിലേമിന്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണുകിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ ആരുമുണ്ടാകയില്ല ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും നീ ഈ വചനം അവരോട് പറയണം എന്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു വയലിൽ ചെന്നാൽ ഇതാ വാൾ കൊണ്ട് പട്ടുപോയവർ പട്ടണത്തിൽ ചെന്നാൽ ഇതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ തങ്ങളറിയാത്ത ദേശത്ത് അലഞ്ഞു നടക്കുന്നു നീ യഹൂദയെ കേവലം ത്യജിച്ചു കളഞ്ഞുവോ നിനക്ക് സിഒഒനോട് വെറുപ്പ് തോന്നുന്നുവോ പൊറുപ്പാകാതെ നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചതെന്ത് ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്ന ലീത ഭീതി യഹോവി ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു നിന്റെ നാമ ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ മഹത്വമുള്ള സിംഹാസനത്തിന് ഹീനത വരുത്തരുതേ ഓർക്കേണമേ ഞങ്ങളോടുള്ള നിന്റെ നിയമത്തിന് ഭംഗം വരുത്തരുതേ ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവർ ഉണ്ടോ അല്ല ആകാശമോ വർഷം നൽകുന്നത് ഞങ്ങളുടെ ദൈവമായേ ഹോവേ അത് നീ തന്നെ അല്ലയോ നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇവയെ ഒക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ